ഓരോരുത്തർക്കും അവർ തിരിയുന്ന ഓരോ ദിശയുണ്ട് അതിനാൽ നിങ്ങൾ നന്മകളിൽ മത്സരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുസുബാനഹുവാല നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ടുവരും തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ തയാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരാണ്